ഹൃദയങ്ങളിൽ രോഗമുള്ളവർ അവരിലേക്ക് വേഗത്തിൽ ഓടുന്നത് നീ കാണും ഒരു വിപത്ത് ഞങ്ങളെ ബാധിക്കുമെന്ന് അവർ പറയുന്നു എന്നാൽ അള്ളാഹുസുബാനഹൂവറ്റായ ഒരു വിജയം അല്ലെങ്കിൽ അവന്റെ പക്കിൽ നിന്നുള്ള ഒരു കൽപ്പന കൊണ്ടുവന്നേക്കാം അപ്പോൾ അവർ തങ്ങളുടെ മനസ്സിൽ രഹസ്യമായി വെച്ച കാര്യങ്ങളിൽ ഖേദിക്കുന്നവരായിത്തീരും